യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ഷാലാൽ ഹാഷ് എന്ന് എഴുതുക ഞാൻ പൂജ്യ പുരോഹിതനെയും യബരഖ്യാവിൻ മകനായ സെഖരിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി ഇവയ്ക്കും ഞാൻ പ്രവാചകയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു യഹോവ എന്നോട് അവന് മഹേർഷാലാൽ എന്ന് പേർ വിളിക്ക ഈ കുട്ടിക്ക് അപ്പ അമ്മ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ ദമ്മേശ്വക്കിലെ ധനവും ശമരിയിലെ കൊള്ളയും അശൂർ രാജാവിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടു പോകും എന്നരുളി ചെയ്തു യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തതെന്തെന്നാൽ ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹാം വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നതുകൊണ്ട് അതുകാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശുർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും അതതിൻറെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും ജാതികളെ കലഹിപ്പീൻ തകർന്നു പോകുവീൻ സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളീൻ അര കെട്ടിക്കൊള്ളുവീൻ തകർന്നു പോകുക അര കെട്ടിക്കൊള്ളുവീൻ തകർന്നു പോകുവീൻ കൂടിയാലോചിച്ചുകൊൾവീൻ അത് നിഷ്ഫലമായി തീരും കാര്യം പറഞ്ഞുവെപ്പീൻ സാധ്യം ഉണ്ടാകേയില്ല ദൈവം ഞങ്ങളോടു കൂടെ ഉണ്ട് യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ച് തന്നത് ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത് അവർ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടരുത് ഭ്രമിച്ചുപോകേമരുത് സൈന്യങ്ങളുടെ ഹോവിയെ ശുദ്ധീകരിപ്പേൻ അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും എങ്കിലും ഇസ്രായേൽ ഗ്രഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും യരുഷലേം നിവാസികൾക്ക് ഒരു കുടുക്കും കണിയും ആയിരിക്കും പലരും അതിന്മേൽ തട്ടിവീണ് തകർന്നു പോകുകയും കണിയിൽ കുടുങ്ങി പിടുപെടുകയും ചെയ്യും സാക്ഷ്യം പൊതിഞ്ഞുകെട്ടുക എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക ഞാനോ യാക്കോപഗ്രഹത്തിന് തന്റെ മുഖം മറച്ചുകളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രയേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീനെന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് ജീവനുള്ളവർക്കു വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവീൻ അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകയില്ല അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തു കൂടി കടന്നുപോകും അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനേയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള പിമിരവും കാണും ഊരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും